നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹോസ്റ്റലിനുള്ള ചർച്ചയിൽ നിന്നുള്ള അന്വേഷണം അറിയിക്കുന്നു അവിടെ ഞാൻ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വരുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സഭയോട് പ്രത്യേക അന്വേഷണം അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അത് അറിയിക്കുന്നു അതുപോലെ നിങ്ങളുടെ കൂടെ ഇവിടെ ആയിരിക്കുവാനായിട്ട് സാധിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഈ രാവിലെ നമുക്കൊരു നമ്മൾ നേരത്തെ ഒരു പാട്ടുപാടിയായെന്ന് ഭക്തരു വിശ്വാസ ജീവിതം വേ പോലൊരു ഇത്രമാ ഭക്ത എന്താ പറയുന്ന ഭക്തരുടെ വിശ്വാസ ജീവിതം വേറെയില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ ഒരു ഒരു തോട്ട് വന്ന വിശ്വാസ ജീവിതം എന്തുവാണ് ഈ വിശ്വാസ ജീവിതം എന്നുള്ളത് ഞാനിപ്പോഴേ ആലോചിക്കാറുണ്ട് കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷമായിട്ട് ദൈവം പല സാഹചര്യങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ച് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കുറെ തിയറി ഒക്കെ പലപ്പോഴും ഇങ്ങനെ പഠിക്കും പക്ഷെ നമ്മൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മൾ റിയലായിട്ട് എന്തുവാണിതിൻ്റെ മീനിങ് എന്നുള്ളതാണ് അറിയുന്നത് സോ ഇന്ന് രാവിലെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് കൊറിന്ത്യൻസ് അഞ്ചിൻ്റെ ഏഴിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകമാണിത് പ് പറയാണ് അവിടെ കാഴ്ചയാലേ അല്ല ക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലെയാണ് നാം നടക്കുന്നത് അപ്പം അവിടെ സൂചിപ്പിക്കുന്ന ഒരു ഒരു വിശ്വാസ ജീവിതമുണ്ട് എന്തുവാണ് ആ വിശ്വാസ ജീവിതം പലപ്പോഴും നമ്മൾ ഓർക്കും വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ പല ഞാനെൻ്റെ ഒക്കെ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വീട് വേണം അല്ലെങ്കിൽ വലിയ വീട് വേണം ഒരു നല്ല കാറ് വേണം അപ്പോൾ അതിനെല്ലാം വിശ്വാസം വേണം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും സാധിക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ കർത്താവ് ഈ കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എന്തുമാണ് ഈ വിശ്വാസ ജീവിതം എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കണം ഒന്ന് ഒരു ഒരു പഴയ നിയമത്തിൽ നിന്ന് ഒരു എക്സാമ്പിളും പിന്നെ ഒരു പുതിയ നിയമത്തിൽ ഒരു എക്സാമ്പിളും ഒക്കെ കേൾക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണിത് നമ്പേഴ്സ് പതിമൂന്നിലും സംഖ്യാപുസ്തകം പതിമൂന്നിലും പതിനാലിലുമായിട്ട് നമ്മളൊരു മോസസ് ആക്ച്വലി ജോഷുവ ഒരു പന്ത്രണ്ട് ചാരന്മാരെ വിടുവാണ് അവർ കാനാൻ ദേശത്തിലേക്ക് പോയിട്ട് ആ ദേശം പോയി ഒന്ന് സെർവൈ ചെയ്തോട്ട് പറ അതിൻ്റെ ഒരു റിപ്പോർട്ട് തരാൻ പറഞ്ഞു വിടുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പേര് അതിനകത്ത് ആരാന്നറിയാലോ രണ്ട് പേര് ജോഷുവും കേലവും രണ്ട് പേര് തിരിച്ചു പക്ഷെ പത്ത് പേര് തിരിച്ചു അവർ പറഞ്ഞ ഇതാണ് സ്ഥലം വളരെ നല്ല സ്ഥലമാണ് ഭയങ്കര ഈ പറഞ്ഞപോലെ തന്നെ പാലും തേനും ഒക്കെ ഒഴുകുന്ന സ്ഥലമാണ് പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളു എന്തുവാ അവിടെ വലിയ ജായൻസ് മല്ലന്മാരുണ്ട് അപ്പം അവർ പറഞ്ഞതാണ് നമ്മളെ ഞങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വെട്ടിക്കിളികളെപ്പോലെയാണ് നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ശരിയാണ് വളരെ നല്ല സ്ഥലമാണ് പക്ഷെ നമുക്കത് ഒരിക്കലും അവിടെ ജയിക്കാൻ പറ്റത്തില്ല റൈറ്റ് പക്ഷെ ജോഷുമായി കേൾക്കപ്പം അങ്ങനെയല്ലേ പറഞ്ഞത് അവർ പറഞ്ഞത് അവരും പറഞ്ഞ് നല്ല സ്ഥലമാണിതെല്ലാം ഒരാളാണ് മല്ലന്മാരുണ്ട് പക്ഷേ എന്തുവാ നമുക്ക് പോയി അത് പിടിച്ചെടുക്കാൻ പറ്റും പക്ഷെ അവർ അങ്ങനെ പറഞ്ഞതിൻ്റെ റീസണ് ഈ മോസസ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലും ആറാമത്തെ അധ്യായത്തിലും പല പ്രാവശ്യം ദൈവം മോസസ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഈ മി മിസ്റ്റർ നിന്ന് വിടുവിച്ചിട്ട് നിങ്ങളെ ഞാൻ ഈ കാനൻ രാശ്യത്തിലേക്ക് പാട്ട് പല പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചെക്ക് ചെയ്തു നോക്കണത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോസസ് ഇത് പല പ്രാവശ്യം ഇസ്രായേൽ മക്കളോട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ജോഷു കേട്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ പന്ത്രണ്ട് പേരും ഇതെല്ലാം കേട്ടതാണ് പക്ഷേ ഈ പന്ത്രണ്ട് പേര് ഇതെല്ലാം കേട്ടെങ്കിലും പത്ത് പേര് പറയുന്നത് അവർ ആ ഒരു പോയിന്റിനെ ചിന്തിക്കുന്നേ ഇല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് എന്തുവാണെന്നുള്ളു അവരെന്തുവാ ഒരു മലയാളത്തിന് ഇരിക്കുന്ന ഞങ്ങൾക്ക് തോന്നി ലൈ വി ഫ് ലൈക്ക് അപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ കാഴ്ചകൊണ്ട് കാണുന്ന എന്തുവാ ഈ വലിയ മല്ലന്മാരെ കാണുന്നു അപ്പം ഒരിക്കലും നമുക്ക് നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് നമ്മുടെ വിവേകം കൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഈ മല്ലന്മാരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പക്ഷേ ജോഷോയും കേൾപ്പം അങ്ങനെയല്ലായിരുന്നു അവർ ശരിയാണ് മല്ലന്മാർ വളരെ ശക്തിയുള്ളവരാണ് പക്ഷെ അവരുടെ റീസണിങ് ഇതായിരുന്നു അവരുടെ ചിന്താഗതി എങ്ങനെയായിരുന്നു ദൈവം നമുക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ പോയി പാർക്കുമെന്നുള്ളത് അപ്പം അങ്ങനെ ഒരു പ്രോമിസ് ഉള്ളിടത്തോളം കാലം ഇവിടെ നമ്മുടെ കണ്ണുകൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ എന്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഞാൻ ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കുവാണ് അതുകൊണ്ടാണ് കേലബും ജോഷുവും പറഞ്ഞത് നമുക്ക് പോയി ഇത് നമുക്ക് ഡെഫിനറ്റ്ലി വിജയം കിട്ടുമെന്ന് പറയുന്നത് അപ്പം നമ്പേഴ്സ് സംഖ്യാപുസ്തകത്തില് പതിനാലിൻ്റെ ഇരുപത്തിനാലില് കർത്താവ് ഓ ദൈവം കേലബിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് മലയാളത്തിൽ നിന്ന് വായിച്ചത് കേലബ് ഹാഡ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് ആൻഡ് ഹി ഫോളോ മീ ഫുള്ളി എൻ്റെ മലയാളത്തിൽ വായിക്കുക നമ്പർ ഫോർട്ടീൻ നമ്പേഴ്സ് ഫോർട്ടീൻ ട്വൻറ്റി ഫോർ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ പൂർണമായി അനുസരിച്ചത് അവൻ പോയിരുന്ന <deesat> so, ും ഇവിടെ വ്യക്തമായിട്ട് ദൈവം ദൈവം ശരിക്ക് പ്രസാദിക്കുവാണ് ഈ കേലബിന്റെ ആക്ഷനും കൊണ്ട് കേലബ് ആൻഡ് ജോഷനെ കൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു എബ്രോയർപന പതിനൊന്നിന്റെ ആറിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വഴ്സാസം കൂടാതെ ദൈവത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോഴാലോചിക്കാറുണ്ട് പലപ്പോഴും അമേരിക്കയിലൊക്കെ ഉള്ള പല പ്രീച്ചേഴ്സും എല്ലാവരും ഈ പ്രസംഗിക്കുന്നത് എപ്പോഴും കൂടുതൽ ഈ വിശ്വാസം എന്നുള്ളൊരു ദൈവത്തിൻ്റെ ഒരു ദാനമാണ് വിച്ച് ഇസ് ട്രൂ അത് ആക്ച്വലി ഫസ്റ്റ് കോർ ഇൻഡീൻസ് ട്വൽവിനകത്ത് ഈ ആത്മീയവരങ്ങളുടെ കൂടത്തിൽ ഒരു വിശ്വാസിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ജനറലി സ്പീക്കിങ് അതായത് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വാസം എന്നുള്ളത് നമ്മളോട് ദൈവം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് വെച്ചിട്ട് വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസം ദൈവം ഇങ്ങനെ തരുവാണെങ്കിൽ എപ്പോഴും ദൈവത്തിനെ പ്രസാദിക്കാൻ പറ്റും പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിശ്വസിക്കുകയായി ആ വിശ്വാസ ജീവിതം നയിക്കുമായി ഇപ്പം നമ്മൾ കേട്ടത് പോലെ വിഷയത്തിൽ കേലബൻ്റെ ജോഷു വിഷയത്തിൽ അവരുടെ വിശ്വാസം എന്ത് അവർ ദൈവം പറഞ്ഞതും പക്ഷെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടതും വ്യത്യസ്തമായിരുന്നു അപ്പം അവർ ചൂസ് ചെയ്യുവാണ് ഈവൻ ദോ എൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും ഞാൻ കാണുന്ന കാര്യങ്ങൾ പക്ഷേ ദൈവം ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുള്ള കാരണം ഞാൻ എപ്പോഴും ഏത് വേയിലാണ് പോകുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിലാണ് പോകുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒരു ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ച് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമായിരിക്കും സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ച് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് അപ്പം ഈ പറഞ്ഞ പത്ത് പേരും അവരെന്തുവാ ചെയ്തത് അവർ സ്വന്തം വിവേകത്തിൽ ഊരുമായി ചെയ്തത് അല്ലേ അതായത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും എൻ്റെ സെൻസ് കൊണ്ട് സെൻസ് ചെയ്യുന്നതും ദിസ് സെറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നായിരുന്നു അവർ ചെയ്തത് അപ്പം നമ്മളോട് കർത്താവ് പറയുന്ന കാര്യമാണ് വിശ്വാസം എന്നുള്ളതാണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഈ ഹോവയിൽ ആശ്രയിക്കുക അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷനാണ് നമ്മുടെ ഹൃദയവും നമ്മുടെ യുക്തിയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ മൈൻഡുമായിട്ടുള്ളൊരു വാർ നടക്കുക ചെയ്യുന്നത് റൈറ്റ് അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ പുതിയ നിയമത്തിൽ മത്താറ്റ് അസോസിയേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ ഇതുപോലൊരു ഒരു സിമിലർ ഇൻസിഡൻറ്റുണ്ട് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതെല്ലാം ഇപ്പം കർത്താവും ശിഷ്യന്മാർ കർത്താവ് ആക്ച്വലി ഒരു അവിടെ തന്നെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ശിഷ്യന്മാരെല്ലാം കൂട്ടി ഒരു ഒരു ബോട്ടിനകത്ത് കയറി അവരിങ്ങനെ പോയ വഴിക്ക് ഭയങ്കര കാറ്റുമെല്ലാം ഉണ്ടായി അപ്പം വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് യേശുക്രിസ്തു വെള്ളത്തിനകത്ത് കൂടെ നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ശിഷ്യന്മാരെന്തോ പറഞ്ഞ നേരം ഞാൻ അതുകൊണ്ട് ഭൂതമാണെന്ന് പറഞ്ഞു റേ അത് കേട്ട ഉടനെ യേശുക്രിസ്തു എന്നാ പറഞ്ഞത് ന് അത് ഭൂതമൊന്നുമല്ല ഞാനായിരുന്നു യേശുവാണെന്നല്ലേ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ പത്രോസ് ഒരു കാര്യം ചെയ്തു എന്തോ ചെയ്ത് പുള്ളി കർത്താവ് ഇത് നീ ആണെങ്കിൽ എന്നോട് അങ്ങോട്ട് വരുവാൻ പറയുക വെള്ളത്തിൽ കൂടെ നടന്ന് അങ്ങോട്ട് വരുവാൻ പറയുക അങ്ങനെയാണ് പത്രോസ് പറഞ്ഞു ഉടനെ കർത്താവ് എന്താ പറഞ്ഞത് വരിക എന്ന് പറഞ്ഞു റൈറ്റ്സ് വെറി ഇമ്പോർട്ടൻ്റ് ആയി വരികയെന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് ഒരു മീൻപിടുത്തക്കാരനാണ് പത്രോസിന് ആ സി ഓഫ് ഗാലിലിയാ ഗലീലിയ തടാകത്തിൻ്റെ എല്ലാ മുക്കും മൂലം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇത്രയോ വർഷങ്ങളായിട്ട് മുപ്പതോളം വർഷങ്ങളായിട്ട് അവിടെ മീൻപിടുത്തം നടത്തുന്ന വ്യക്തിയാണ് പത്രോസിന് ഓൾസോ ഒരു കാര്യം അറിയാം ആ ആ വെള്ളത്തിനകത്തേക്ക് ചാടിയാലോ എന്തോ പറ്റുന്നത് ലോ ഓഫ് ഗ്രാവിറ്റിയുണ്ട് എന്തോ അത് നമ്മൾ എവിടെയെന്തെങ്കിലും ചാ നമ്മളെ എവിടെയെന്നെങ്കിലും ചാടുവാണെങ്കിൽ എന്നാ പറ്റുന്നത് നമ്മൾ മുകളിലേക്ക് അല്ലല്ലോ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് താഴേക്ക് പോകുന്നത് അതിൻ്റെ അർത്ഥം ലോ ഓഫ് ഗ്രാവിറ്റി നമ്മളെ ഇങ്ങനെ പുല്ല് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം പത്രോസിന് വ്യക്തമായിട്ട് അറിയാം ഞാൻ ചാടിയാൽ താഴേക്ക് പോകും പക്ഷെ പത്രോസിന് വേറൊരു ന്യൂസ് ഉണ്ട് ഇവിടെ പത്രോസ് ചുമ ഒരു ഇരുട്ടത്തിലേക്ക് അന്ധകാരത്തിലേക്ക് എടുത്ത് ആടുവല്ലേ ചെയ്യുന്നത് ഇവിടെ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പത്രോസിനോട് പറഞ്ഞു എന്തുവാ ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞു പത്രോസിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് യേശു രണ്ട് കപ്പിൾ ഓഫ് ചാപ്റ്റേഴ്സ് രണ്ടെന്ന് അധ്യായം കഴിയുമ്പോഴത്തേക്ക് പത്രോസ് പറയുവാണ് ഈ കർത്താവ് ചോദിച്ചില്ല ഞാൻ ആരാകുന്നു അവർക്കൊന്നുണ്ടോ പത്രം എന്താ പറഞ്ഞെന്നുള്ളത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാവുന്നു എന്നുള്ളു അപ്പം ഈ വ്യക്തമായിട്ട് പത്രദോസിൻ അറിയാം ആരാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളത് യേശു ക്രിസ്തുവാണ് എന്നെ വിളിക്കുന്നത് പക്ഷേ പത്രസിന് ഒരു കാര്യം അറിയാം എൻ്റെ യുക്തി ഉപയോഗിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ റെഗുലർ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഞാൻ ചാടിയാൽ ഞാൻ മുങ്ങിപ്പോകുന്ന അറിയാം പത്രം എഴുതന്നിട്ട് അവൻ വെള്ളത്തിലേക്ക് ചാടി ആ മുങ്ങിപ്പോയോ ഹിസ് അവൻ പയ്യെ നടക്കാൻ തുടങ്ങി റൈറ്റ് അതാണ് വിശ്വാസ ജീവം എന്ന് പറഞ്ഞു ഇവിടെ സദൃശവാക്യങ്ങൾ മൂന്നിൻ്റെ അഞ്ചിനകത്ത് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് അതെ അതാണ് പ പത്രോസിപ്പൻ ചെയ്യുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് റൈറ്റ് സ്വന്തം വിവേകത്തിൽ ഊന്നുവാണെങ്കിൽ ഒരിക്കലും പത്ര ദിവസിനെ ചാടാൻ പറ്റത്തില്ല പക്ഷെ പത്രോസിന് വ്യക്തമായിട്ട് അറിയാം ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവമാണ് അവനെ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങ് ചാടുവാ ഓക്കെ ചാടി പത്രദോസ് നടന്ന് വളരെ സന്തോഷമായി പിന്നെ എന്തോ സംഭവിച്ചത് അന്നേരാണ് പുള്ളി കാറ്റിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് റൈറ്റ് കാറ്റിനെ കണ്ടുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്ന ഫോർട്ടീൻ തേർട്ടിക്കകത്ത് എഴുതിക്കുന്ന ഹിസ്റ്റോറി സീയിങ് ദ വിൻഡ് റൈറ്റ് അന്നേരാണ് പുള്ളി കാറ്റിൻ്റെ കാര്യമൊക്കെ ചെയ്യുന്നത് പുള്ളി വെള്ളത്തിനധികം കൂടെ നടന്നിങ്ങനെ ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ആ ഹീബ്രൂസ് ട്വൽവ് എബ്രോ കഴിഞ്ഞു പന്ത്രണ്ടിൻ്റെ ഒന്നിനെ കുറിച്ച് പ്രാർത്ഥിച്ച വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനും ആ യേശുവിൽ എൻ്റെ കണ്ണുകളെ അവിടെയാണ് ഉറപ്പിക്കേണ്ടത് അതെങ്ങനെയാണ് പത്രോസ് ചെയ്തത് പക്ഷേ പത്രോസ് ഒരു കുറച്ച് സമയം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് എന്തോ ഈ വിശ്വാസ ജീവിതം കാര്യം പുള്ളി അങ്ങ് മറന്നുപോയി പുള്ളി കാറ്റും കോളും ഇതെല്ലാം കണ്ടുകൊണ്ട് പുള്ളിയുടെ മനസ്സിനെ എൻഗേജ് ചെയ്യുക പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ കമ്പയർ ചെയ്യുക അയ്യോ ഇവിടെ യേശുക്രിസുണ്ട് ഇവിടെ കാറ്റുമുണ്ട് റൈറ്റ് ഈ യേശുക്രിസുവിനീ പറഞ്ഞ പോലെ ഇത്രയും നേരം എന്നെ സസ്റ്റെയിൻ എന്നെ ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പുള്ളി ഇങ്ങനെ മനസ്സിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി അന്നേരം എന്ത് ദിവസം പയ്യ താഴേക്ക് പോകാൻ തുടങ്ങി നിങ്ങളാരും ഓർക്കുന്നുണ്ടോ അന്നേരം യേശുക്രിസ് പത്ര എന്തോ വിളിച്ചോന്നുള്ളത് അൽപ വിശ്വാസിയെ ഓ ഇ യു ലിറ്റിൽ ഫെയ്ത്ത് സോ ദർ ഈസ് എൻ ഇൻഡിക്കേഷൻ റൈറ്റ് അപ്പം ദൈവം നമുക്ക് വിശ്വാസം തരുന്നെങ്കിൽ ശരിക്കും അവിടെ വേറൊന്നും അല്പവിശ്വാസിന്ന് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ ശരിക്കും പത്ത് ദിവസത്തിന് ശരി ഒരു നല്ല രീതിയിൽ ദൈവം കളിയാക്കുകയെന്നു അപ്പം ഇന്ന് ഈ ഈ ഈ ഈ ഈ ഈ രാവിലെ നമ്മളെ ദൈവം ഒരു നല്ല രീതിയിൽ വേറെ രീതിയിലുള്ള കളിയാക്കുന്നത് അല്പവിശ്വാസിന്ന് തന്നെ ദൈവം വിളിക്കുന്നത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് കാണാം പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ യുക്തി കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് അന്നേരമാണ് കർത്താവ് വിളിക്കുന്നത് അല്പവിശ്വാസിയെ ഇന്നേരം കർത്താവ് കൈകൊണ്ട് അവനെ വിളിച്ച് അവനെ അതിനകത്തുനിന്ന് വലിച്ച് എഴുന്നേപ്പിച്ചു കാരണം രക്ഷിച്ചു അവനെ റൈറ്റ് പക്ഷെ നമുക്കവിടെ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും യേശുക്രിസ്തു നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം നമ്മുടെ ഉണ്ടെങ്കിൽ അന്നേരം നമ്മുടെ മനസ്സിനെയോ നമ്മുടെ ചിന്താഗതിയോ അതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പല കാര്യങ്ങളും ഇതിനെതിരായിരിക്കും ചിലപ്പോൾ എതിരല്ലായിരിക്കും പക്ഷെ എതിരാകുന്ന സമയത്ത് വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളാ യേശുക്രിസ്തു അല്ലെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം വിശ്വാസത്തിൻ്റെ നിർവചനം എന്നുള്ളത് നമുക്ക് എപ്പോഴും കാണുന്നത് എബ്രോക്കാർക്ക് എഴുതി ലേഖനം ഇലവൻ പതിനൊന്നിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും റൈ പത്രോസ് എന്തോ ആശിച്ചത് ഇവിടെ ശരിക്കും എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ പോകണം അതാണ് പത് പത്രോസിൻ്റെ ആശയം പത്രോസ് ഇതുവരെ വെള്ളത്തിൽ നടന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇല്ല പക്ഷെ ഏച്ചി പറഞ്ഞ കാരണം പത്രോസ് പറയുകയാണ് ഓക്കെ ഞാൻ ഇതുവരെ വെള്ളത്തിൽ നടന്നിട്ടാണ് പക്ഷെ എനിക്കറിയാം ഞാൻ ചാടുവാണെങ്കിൽ ഞാൻ വെള്ളത്തിനടക്കും ഓൺലി ബിക്കോസ് റൈറ്റ് യേശുക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം റൈറ്റ് അപ്പം അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് റോമൻസ് ടെൻ സെവൻറ്റീനിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് റോമൻസ് ടെൻ മലയാളത്തിൽ നിന്ന് വായിക്കാമോ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു റൈറ്റ് വേറൊരു ട്രാൻസ്ലേഷനില് ആദ്യംസില് വിശ്വ വിശ്വാസം കേൾ കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അപ്പം എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വാസം ഉണ്ടാകുന്നത് കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് കേൾക്കുക നമ്മൾ ആ കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കാണിച്ചിരുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് തെസലോണിയൻസിൻ്റെ അഞ്ച് പതിനാറും പതിനേഴും ഫസ്റ്റ് തെസിലോണിയൻസ് ഫൈവ് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഓക്കെ ഇതല്ലോ നിന്നെക്കുറിച്ച് ക്രിസ്തുവേശുവിലുള്ള ദൈവ ഇഷ്ടം റൈറ്റ് ഇവിടെ ബൈബിളിനകത്ത് വളരെ ചുരുക്കം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല പലപ്പോൾ എനിക്കൊരു പുതിയ എനിക്കൊരു ജോലിയുടെ ഓഫർ കിട്ടി അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണല്ലോ എന്നുള്ളത് ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമുക്കൊരു റെഡ് ലൈറ്റ് ഒരു ഗ്രീൻ ലൈറ്റോടി ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും ദൈവം ഇതാണോ നിൻ്റെ ഇഷ്ടം റെഡ് ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോഴത്തേക്ക് ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല പക്ഷേ ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തുവാന്നുള്ളൂ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും സന്തോഷിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാറ്റിലും സ്വോണം ചെയ്യും ഓക്കെ തിങ്ക നമ്മളിങ്ങനെയൊന്ന് വിചാരിക്കുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും ഐം ഷ്യൂർ അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും എവിടെ ആയാലും പല പ്രയാസങ്ങളോട് കടന്നു പോകുന്നു അവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുവാണ് നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐം ഷ്യൂർ നിങ്ങളെല്ലാവരും കൈവക്കും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോട് നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെയാണ് എൻഗേജ് ചെയ്യുന്നത് നമ്മളിപ്പം ഞാനിപ്പം എൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ കോവർക്കേഴ്സ് എന്നോട് എൻ്റെ എന്നൂടെ ജോലി ചെയ്യുന്നവർ എന്നോട് ഭയങ്കര സ്ക്രീൻ ചെയ്യുന്നു എൻ്റെ മാനേജർ എന്നോട് സ്ക്രീൻ ചെയ്യുന്നു ആകെപ്പാടെ എല്ലാം കുളമായിരിക്കും ആ സമയത്ത് ദേവോചൻ എന്നോട് പറയുന്നത് എല്ലാറ്റിലും സന്തോഷിപ്പിൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യൻ ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസൻസസ് അവിടെ ഒരു എക്സെപ്ഷൻ അവിടെ പറയുന്നില്ല ദൈവം റൈറ്റ് എല്ലാറ്റിലും സ്തോത്രം ചെയ്യൻ എല്ലാറ്റിലും പറഞ്ഞാൽ എന്തുവാർ ഇസ് നോ എക്സെപ്ഷൻ റൈറ്റ് എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ അതായത് ദൈവത്തിന് നന്ദി കരയറ്റുക ഈവൻ ഇങ്ങനെയുള്ള ബാഡ് തിങ്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സന്തോഷിക്കുവിൻ്റെ എല്ലാറ്റിലും സ്തോത്രം ചെയ്യൻ പക്ഷേ നമ്മുടെ മനസ്സ് നമ്മളവിടെ എന്താ പറയുന്നത് ആ സമയത്ത് ഇറ്റ്സ് ഇമ്പോസിബിൾ കാരണം നമുക്കിപ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് കാര്യം എല്ലാ കാര്യങ്ങളും റോങ് ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ എങ്ങനെ സന്തോഷിക്കും ഇവിടെയാണ് വിശ്വാസ ജീവിതം എന്തുവാണെന്നുള്ള കർത്താവ് നമ്മളെ കാണിച്ചു തരുന്നത് നമുക്ക് ഒരു ദൈവ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് തോന്നുന്നതോ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നോ അല്ല ഇമ്പോർട്ടൻറ്റ് യേശുക്കുസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചലഞ്ച് ഇത് ഇവിടെയാണ് നമ്മളോട് ദൈവം ഓരോ ഓരോ ദൈവ മക്കളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ദിസ്ഇസ് എൻ്റെ കർത്താവ് ഒരിക്കലും നമ്മളോടാരോടും നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യം ഒരിക്കലും ദൈവം നമ്മളോട് ചോദിക്കത്തില്ല നമ്മളോട് പറയത്തില്ല ചെയ്യുവാനായിട്ട് അങ്ങനെയാകുമ്പോൾ ശരിക്കും ദൈവം ഒരു നീതിമാനല്ല ശരിക്കും ഈ വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ഒരു ദൈവ പാതലായ നമുക്ക് ഓരോരുത്തരും നമ്മൾ എയ്ബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വിശ്വസിക്കുക പക്ഷേ പലപ്പോഴും നമ്മൾ വിശ്വസിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ നമ്മുടെ സ്റ്റബേൾനെസ് കാരണം നമ്മൾ ഓ ഐവില് എനിക്കിത് അറിയത്തില്ല ശരി യേശുക്കുസുവാണോ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് വരെ ഇന്നലെ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് ഒരു പ്ലെയിനിലിങ് വരുമോ അപ്പം ഭയങ്കര കുലുക്കവും പ്ലെയിനിലും അല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോയി ശരിക്കും എന്തു പ്ലെയിൻ താഴെ പോകുമെന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ തൊട്ടടുത്തിരുന്നയാളെന്നോട് പറഞ്ഞു ആ ബിനോയ് ഡോം പറയ ഇത് കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ശരിയായിക്കോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു നിനക്ക് ഈ എയർ ബസ് എന്നുള്ള പ്ലെയിനിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞല്ലേ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പൈലറ്റ് ഈ ഇൻ്റർകോമിലൂടെ പറഞ്ഞു ഒരു നമ്മളൊരു വലിയ വെൻറ്റിൽ ഇതിലൂടെ കടന്നു പോവാണ് പക്ഷേ ഒരു കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇത് ഈ സിറ്റുവേഷൻ കൺട്രോളിലാണ് ഉടനെ എന്നതാണ് സംഭവിച്ചത് എനിക്ക് വളരെ ആശ്വാസമായിരുന്നു ഈ എൻ്റെ അടുത്തിരുന്ന വ്യക്തിയും ഈ പൈലറ്റും പറഞ്ഞത് സെയിം തിങ്ങാ പറഞ്ഞത് പക്ഷെ എന്തുവാ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പൈലറ്റിന് ഈ എയർബസ് ത്രീ എന്നുള്ള പ്ലെയിൻ്റെ എല്ലാ ഫങ്ഷൻസും അറിയാം റൈറ്റ് അപ്പം ആ പൈലറ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുവാണെങ്കിൽ അതാട് പ്രോബ്ലം അത് എൻ്റെ പ്രോബ്ലം തന്നെ പക്ഷേ പൈലറ്റ് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാം വാവ് ഐ മീൻ ഹി സാഡ് ഇറ്റ് അവൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഞാൻ ആദ്യം എടുത്ത പോലെ ഓ മറ്റവൻ പറയുന്ന പോലെ എടുക്കുന്നത് അതായത് ഓ ഇത് ഇതവിടെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഒരു അവിടെ നമുക്ക് പിന്നെ ഒരു ഓപ്ഷന് ഓപ്ഷനുണ്ട് പക്ഷെ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചോയ്സ് ആ ഒരു കർത്താവ് പറഞ്ഞതിലേക്ക് കോറിലേറ്റ് ചെയ്യാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മുടെ ടെമ്പറ്റേഷൻ എപ്പോഴും നമ്മുടെ തോന്നൽ നമ്മുടെ ഫീലിങ്സ് ഓക്കെ നമ്മളെല്ലാവരും വളരെ ഫീലിങ്സ് ഉള്ള വ്യക്തികളായപ്പോഴും പലപ്പോഴും നമ്മുടെ നമുക്കിപ്പോൾ രാവിലെ ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് ജോലിക്ക് പോകാനായിട്ടൊരു തോന്നലേ തോന്നില്ല പക്ഷേ ഞാൻ ജോലിക്ക് പോകാം ജോലിക്ക് പോകാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഫീലിങ്സ് അല്ല നമ്മുടെ തോന്നലുകളല്ല പക്ഷേ ഫാക്റ്റാണ് അതായത് ദൈവത്തിൻ്റെ വാചനമാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് അപ്പോൾ വിശ്വാസ ജീവിതം ആ ദൈവത്തിൻ്റെ വചനത്തെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ ആ ഫേസ് വാല്യൂയിൽ എടുക്കാന്നുള്ളതാണ് ഒരു ഒന്നും കൂടെ പറഞ്ഞ ഫിലിപ്പീൻസ് ഫോർ സിക്സ് ഫിലിപ്പീൻസ് ഫോർ സിക്സ് ബുക്ക് ഓഫ് ഫിലിപ്പീൻസ് പറഞ്ഞോ എഴുതി ഓക്കെ ഇവിടെ പറയുകയാണ് ഒന്നിനെ വിചാരപ്പെടുന്ന ഞാനിന്ന് ആലോചിച്ചോട്ടെ ഞാനിന്ന് ചോദിച്ചു ചോദിച്ചെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ആഴ്ചയിൽ എത്രമാത്രം പ്രാവശ്യം നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാരും പക്ഷെ ദൈവജനം എന്താ പറയുന്നത് ബി ആങ്ഷ്യസ് പോൾ നത്തിങ് ഒന്നിനെ അവിടെ ഒരു എക്സെപ്ഷനും പറയുന്നില്ലേ അവിടെ പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഓക്കേ ഓ എനിക്കൊരു എക്സെപ്ഷൻ ഉണ്ട് ഞാൻ എനിക്കൊരു നമ്മളെനിക്ക് വിചാരപ്പെടാനായിട്ട് എനിക്കൊരു ഒരു ഒരു റൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ ജീവിതം അവിടെയാണ് നമ്മൾ ഫെയിൽ ചെയ്യുന്നത് വിശ്വാസം കൂടാതെ നമുക്ക് ഒരിക്കലും ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം അതുപോലെ തന്നെ ആ ഹീബ്ലൂസ് ഇലവൻ വണ്ണിലേക്ക് പോകുമ്പോഴത്തേക്ക് ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ദൈവോചനം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ചില പ്രോമിസസ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ആശം നമുക്കുണ്ടാവുമോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇവിടെ ഭർത്താക്കന്മാരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ദൈവോചനത്തിൽ എന്താ പറയുന്നത് നമ്മളോട് ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ ലവ് യുവർ വൈഫ് ആസ് ക്രൈസ്റ്റ് ലവ് ദ ചോദിച്ചാൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ഏച്ചക്കുറിച്ച് നിങ്ങളെ സ്നേഹിച്ചുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ആരും എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോന്ന് പക്ഷേ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് റൈറ്റ് അപ്പം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യത്തില്ല അല്ലെങ്കിൽ അത് ചെയ്യത്തി ഇത് ചെയ്യത്തില്ല ഒക്കെ ഭാര്യ അങ്ങനെ പറയുന്നു ഇത് പറയുന്നത് പക്ഷേ ദൈവം നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേശു ക്രിസ്തു ക്രിസ്തു സഭയെ സ്നേഹിച്ചപ്പോൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക ഭാര്യമാരോട് കർത്താവ് പറയുന്നത് എന്തുവാ നിന്റെ ഭർത്താക്കന്മാർക്ക് കീഴ് വഴങ്ങിയിരിക്കുക ഇനോ പലപ്പോഴും നമ്മൾ വിചാരിച്ച പറയുന്നത് ഓ ഭർത്താക്കന്മാർ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് കീഴ്വഴങ്ങാൻ പറ്റുള്ളൂ അല്ലെ ഭർത്താക്കന്മാർ പറയും ഭാര്യമാർ എന്നോട് കീഴഴങ്ങിയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പം ദൈവവചനത്തിൽ നമ്മളൊരു കാര്യം കാണുമ്പോഴത്തേക്ക് ആശ നമുക്കൊരു ഗാഡ്ലി ഡിസയർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ദൈവമേ ഞാനങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തുവോ നിൻ്റെ വചനത്തിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുവാനാണ് കേട്ടോ ആ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എത്രയോ പേര് ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും കംപ്ലീറ്റ് ആങ്കർ കംപ്ലീറ്റ് കളഞ്ഞവരുണ്ടോ ഇവിടെ ഇല്ലായിരിക്കും അല്ല ഓക്കെ സോ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു ഡിറക്ഷനിൽ പോകുന്നുണ്ടോ പക്ഷെ നമ്മുടെ ചോദ്യം കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഇതാണ് ഗെറ്റ്ഡ് ഓഫ് ഓൾ ആംഗിൾ ഒരു സ്ക്രിപ്റ്ററുണ്ട് റൈറ്റ് ഗെറ്റ്ഡ് ഓഫ് ഓൾ സകല ഏ അപ്പം ഓൾ ആങ്കിൾ പക്ഷേ ഓക്കേ നമ്മൾ അത് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും പക്ഷെ ഹിർസ് ഇതാണ് നമ്മൾ ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നിനക്ക് നിൻ്റെ എല്ലാ അരിശവും ഗറ്റ് ടഡ് ഓഫ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് അത് നിവർത്തിച്ചുവരും പക്ഷേ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊരാഗ്രഹമേ ഇല്ല കാരണം നമ്മൾ പലപ്പോഴും എൻജോയ് ചെയ്യുകയാണ് ഇച്ചിരി ഒക്കെ ആംഗ്രി ആകുന്നത് വളരെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് അവിടെയാണ് ദൈവം നമ്മളെ ടസ്റ്റ് ചെയ്യുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദൈവവാചനത്തെ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികം അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേ ബട്ട് ആഗ്രഹം വേണം എന്നിട്ട് കർത്താവിനോട് പറയും കർത്താവ് ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല ഞാൻ ഓണസ്റ്റായിട്ട് പറയുകയാണ് പക്ഷേ എൻ്റെ ആഗ്രഹം അങ്ങനെ ജീവിക്കുവാനായിട്ടാണ് ഞാൻ ആ കാണുന്ന എല്ലാ കാര്യങ്ങളും ദൈവോചനം വായിക്കുമ്പോഴത്തേക്ക് ഇനോ ഒരു സ്ക്രിപ്റ്റിലൂടെ ഞാൻ പറഞ്ഞിട്ട് നൃത്തം ഹീബ്രൂസ് ഫോർ ട്യൂ എബ്രായക്കാർക്ക് എഴുതിയില്ല അതിനെ ിൽ വിശ്വാസമായി പരിണമിക്ക ഇസ്രായേൽ മക്കളിനെ കുറിച്ച് ഇവിടെ പറയുന്നത് പല ആൾക്കാരും അവർ ആ വില്ഡർനസിൽ അവർ മരിച്ചുപോയ അവർ നശിച്ചു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് റീസൺ ആണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് കേട്ടവരിൽ വിശ്വാസമായിട്ട് പരിണമിച്ചില്ല ദിസ്ഇസ് എ വാർണിംഗ് ഫോർ ഇതൊരു ഒരു വാർണിംഗ് മുന്നറിയിപ്പാണ് നമുക്ക് ഓരോരുത്തർക്കും കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാം ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നിരിക്കുന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ വചനം വിശ്വാസമായിട്ട് പരിണമിക്കുക എന്നുള്ളത് അതിനാണ് എന്ന് പറയുന്നത് ഇതൊരു ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ ഞാൻ പറയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കർത്താവിനെക്കുറിച്ച് നമ്മൾ കർത്താവിനോട് പറയേണ്ട കാര്യം ഏതാണ് കർത്താവ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ വിശ്വാസമായിട്ട് പരിണമിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളീ സമൃദ്ധിയായിട്ടുള്ള ജീവനെ നോക്കുക ഈ നോ ജോൺ ടെൻ ടെന്നിലുള്ള യോൺ ആൻഡ് അസോസിയേഷൻ പത്തിൻ്റെ പത്തിൽ പറയുന്ന ഈ കള്ളന്മാരെന്തിനാണ് മോഷ്ടിക്കാനായിട്ട് വരുന്നു പക്ഷേ ഐ ഹാവ് കം സൊ ദാറ്റ് യു ക്യാൻ ഹാവ് ലൈഫ് ഇൻ അബണ്ടൻസ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് സമൃദ്ധിയായിട്ടുള്ള ജീവിതം തരാണ് പക്ഷെ നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്ന ആൾ ചോദിക്കുക നമുക്ക് ആ സമൃദ്ധിയായിട്ടുള്ള ജീവനുണ്ടോ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ആരെയാണ് ഓ ഭാര്യ എങ്ങനെ വൈതിട്ടാണ് എൻ്റെ കൂട്ടുകാരങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് സമൃദ്ധിയായിട്ടുള്ള ജീവൻ അങ്ങനെയുള്ള നമ്മൾ ഒരു മനുഷ്യനെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല ദൈവത്തിന് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും സമൃദ്ധിയായിട്ടുള്ള ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് സമൃദ്ധിയായിട്ടുള്ള ജീവനില്ലാത്തത് ഈ ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞ തന്നെ നമ്മൾ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കുന്നത് നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വചനം എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായിട്ടുള്ള ജീവനല്ലാത്ത പക്ഷേ സമൃദ്ധിയായിട്ടുള്ള ജീവൻ ജീവനാണ് ദൈവം നമുക്ക് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ അതാണ് നമ്മൾ ഓരോരുത്തരും ആ സമൃദ്ധിയായിട്ടുള്ള ജീവനിലേക്ക് വരണം എന്നുള്ളതാണ് പക്ഷേ നമ്മൾ വരാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ് നമ്മളാ വിശ്വാസം നമ്മളാ ഒരു ഹി ഇംഗ്ലീഷിലാന്ന് ഹീബ്രോ സ്പോട്ട് വരുത്തിക്കുന്ന ദ ഹാവ് നാട്ട് മിക്സ്ഡ് god's word uh, with faith right devathinte vazhana namukku thannirundu pashcha adu faith u aayittu mix cheyidathilla vishwasam u aayittu mix cheyidathilla adu nammada joli adu devathinte joli alla devathinte joli ennu paranje idana namukku orikkilum pattatha karyangal which is entha devathinte vazhanam alle devathinte aatma av inganeyulla karyangala ella namukku tharana ullad devathante namukku orikkilum inganeyulla karyangala kama p piyan pattatilla pashcha devu namukku free aayittu thannirukku pashcha devu nammalekurichu aagrahikkunna oru karyam namukku capable aayittulla oru karyamana ഈ മിക്സ് ചെയ്യുക എന്നുള്ളത് അതാണ് വിശ്വാസം കേൾ ഈ ഈ കേട്ട കാര്യങ്ങൾ വചനമായിട്ട് നമ്മൾ വിശ്വാസമായിട്ട് പരിണമിക്കുക ആ ഒരു ഏരിയയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ എത്രയോ മാത്രം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവം ഈ ഓരോ പ്രോമീസസും ഈ നമ്മൾ കാണുന്ന ന്യൂ ടെസ്റ്റ്മെൻറ്റിലുള്ള എല്ലാ പ്രോമിസും എൻ്റെ ജീവിതത്തിൽ അത് അത് ട്രൂ ആയിട്ട് തീരുവാനാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് ദൈവത്തിനെ സമർപ്പിച്ചു കൊടുക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാം